നിനക്ക് മുമ്പ് നാം ദൂതന്മാരെ അയച്ചിട്ടുണ്ട് അവർക്ക് നാം ഭാര്യമാരെയും സന്താനങ്ങളെയും നൽകുകയും ചെയ്തു അള്ളാഹു സുഭാനുഭൂവത്തെ ആല അനുവദിച്ചല്ലാതെ ഒരു ദൂതനും അത്ഭുതങ്ങൾ കൊണ്ടുവരികയില്ല ഓരോ കാലാവധിക്കും ഒരു നിശ്ചിത സമയമുണ്ട്